അവർ വാതിലിങ്കിലേ ഓടി അപ്പോൾ അവൾ കുപ്പായം പിന്നിൽ നിന്ന് കീറി അവർ വാതിലിനടുത്ത് അവളുടെ ഭർത്താവിനെ കണ്ടു അവൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യയോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചവന് തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ ലഭിക്കുകയോ ചെയ്യുകയല്ലാതെ മറ്റെന്ത് പ്രതിഫലമാണ് ലഭിക്കുക